അവർ പറഞ്ഞു അതിന്റെ നിറമെന്താണെന്ന് വ്യക്തമാക്കാൻ താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കൂ അദ്ദേഹം പറഞ്ഞു അവൻ പറയുന്നു അത് തിളക്കമുള്ള മഞ്ഞ ഒരു പശുവാകുന്നു കാണുന്നവർക്ക് സന്തോഷം നൽകുന്ന ഒന്നാണത്